പറയുക വേദക്കാരേ നിങ്ങൾ തൗറാത്തും ഇഞ്ചിയിലും നിങ്ങളുടെ രക്ഷിതാവിങ്കൽ നിന്ന് നിങ്ങൾക്ക് അവതരിപ്പിക്കപ്പെട്ടതും നടപ്പിലാക്കുന്നതുവരെ നിങ്ങൾ യാതൊരു കാര്യത്തിലുമല്ല നിന്റെ രക്ഷിതാവിങ്കൽ നിന്ന് നിനക്ക് അവതരിപ്പിക്കപ്പെട്ടത് അവരിലെ പലരെയും കൂടുതൽ ധിക്കാരത്തിലേക്കും സത്യനിഷേധത്തിലേക്കും നയിക്കുക തന്നെ ചെയ്യും അതിനാൽ സത്യനിഷേധികളായ ജനങ്ങളെ ഓർത്ത് നീ ദുഃഖിക്കരുത്